ഒ മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ലം നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ അവരുടെ യുദ്ധകാലയളവിൽ അവരെ മോചിപ്പിക്കുക യുദ്ധ കൃത്യമായി കണക്കാക്കുക നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുസുബഹാനുഹൂവത്തയാളായ നിങ്ങൾ സൂക്ഷിക്കുക അവർ വ്യക്തമായൊരു നീചകൃത്യം ചെയ്ത അൺലസ് അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തു പോവുകയോ നിങ്ങൾ അവരെ പുറത്താക്കുകയോ ചെയ്യരുത് ഇവ അള്ളാഹുസുബഹാനുഹൂവത്തയാളാ നിശ്ചയിച്ച അതിരുകളാണ് അള്ളാഹുസുബഹാനുഹൂവത്തയാളാ നിശ്ചയിച്ച അതിരുകൾ ലംഘിക്കുന്നവൻ സ്വന്തം ശരീരത്തിന് തന്നെ ദ്രോഹം ചെയ്തവനായിത്തീരും അതിനുശേഷം അള്ളാഹു സുബഹാനഹൂവത്തയാളെ മറ്റൊരു കാര്യം ഉണ്ടാക്കിയേക്കാം എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ